السلام عليكم الله الله الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من من شرور ومن سيئات يهده فلا مضل له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 ിൽ നമ്മുടെ റസൂൽ മുഹമ്മദുൻ സാഹു അലഹി വസ്ല്ലം അവിടത്തെ കുറിച്ച് പറഞ്ഞു മിനിങ്ങൾക്ക് അവരുടെ സ്വന്തങ്ങളെക്കാൾ കൂടുതൽ അടുത്തിട്ടുള്ളത് നബിസൊല്ലാഹു അലൈഹു വസല്ലമേയാണ് ും അവിടുത്തെ ഭാര്യമാർ ഉമ്മമാരാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇമാൻ ശരിയാകണമെങ്കിൽ അവൻ സ്വന്തത്തെക്കാളിലെഹു അലഹി വസ്സല്ലെ സ്നേഹിക്കണം റസുൽ അലഹു വസ്സലം പറഞ്ഞു ും നിങ്ങളിൽ ഒളും അവന് ഏറ്റവും പ്രിയങ്കരനായി ഞാൻ മാറുന്നതുവരെ അവന്റെ മാതാപിതാക്കളെക്കാൾ വവലദേ അവന്റെ മക്കളെക്കാൾ അജ്മീം എല്ലാ മനുഷ്യരെക്കാളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബ്സല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിലൊന്ന് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ അവന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ റസൂൽ അലൈഹി വസല്ലമ്മയുടെ ചരിത്രം പഠിക്കുക എന്നത് ഒരു മുസ്ലിമിന് ഏറ്റവും ഇഷ്ടമുള്ള അവന് ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന ഐബാദത്തുകളിൽ ഒന്നാൻ അവന് ഇഷ്ടം തോന്നുന്ന താല്പര്യം തോന്നുന്ന അൽബാദത്തുകളിലൊന്നാൻ ഇൻഷാ അള്ളഹ് അള്ളാഹു സുഹാനഹുഅലയുടെ തൗഫ്യത്തോടുകൂടി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനുള്ള ഒരു തുടക്കം നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ പ്രത്യേകിച്ച് തുടക്കത്തിൽ കൊടുക്കാറുള്ള ഒരു ഹദീസുണ്ട് നബിസല്ലാഹുഅലഹി വസ്ല്ലം അവിടുന്ന് പറഞ്ഞു ഇന്നൽ എല്ലാ ആളുകളുടെയും അമലുകൾ പ്രവർത്തനങ്ങൾ അവന്റെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാൻ അവന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാൻ എന്താണോ ഒരു മനുഷ്യൻ അവന്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹു സുഹാനഹുഅഅലയുടെ അടുക്കൽ അവന് ലഭിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നീയത്തുകൾ ഏറ്റവും വർദ്ധിപ്പിക്കാൻ ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തണം ഏതൊരു പ്രവർത്തനത്തിന്റെ തുടക്കത്തിലും ആ ഇബാദത്ത് നമ്മൾ ചെയ്യുന്ന നീയത്ത് അത് എത്രത്തോളം നമുക്ക് വിശാലമാക്കാൻ സാധിക്കുമോ അത്രത്തോളം നാം വിശാലമാക്കണം അലൈഹു വസല്ലം അവിടുത്തെ ഈ ചരിത്രം പഠിക്കുന്ന വേളയിൽ നമുക്ക് ധാരാളം നീയത്തുകൾ മനസ്സിൽ കരുതാം ഓരോ നീയത്തുകൾക്കും നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടായിരിക്കും സലഫുകളിൽ ഒരാൾ ഒരിക്കൽ അയാളെ ഒരു എൽമിന്റെ മജ്ലിസിലേക്ക് സദസ്സിലേക്ക് ക്ഷണിച്ചപ്പോൾ അയാൾ കുറച്ചു നേരം വരാതെ അവിടെ തന്നെ നിന്നു അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് വരാത്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം എന്റെ നീയത്ത് ശരിയാക്കട്ടെ ഞാൻ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന കാര്യം ഉറപ്പിക്കട്ടെ നീ വിളിച്ചതിന്റെ പേരിൽ ആകാൻ പാടില്ല മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതിനു വേണ്ടിയായിരിക്കണം നബിസാഹു അലി വസല്ലമ്മയുടെ ചരിത്രം പഠിക്കുമ്പോൾ അനേകം നീയത്തുകൾ നമുക്കുണ്ടാകാം ആ നീയത്തുകളെല്ലാം എത്രമാത്രം സത്യസന്ധമാണോ അത്രമാത്രം ഈ സംരംഭം നമുക്കും നിങ്ങൾക്കും ഉപകാരപ്പെടും <Sessshaan>: ം പഠിക്കുന്ന ഒരു മനുഷ്യന് എന്റെ റസൂളിനെ കുറിച്ച് അറിയുക എന്നത് അത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നീയത്ത് വെക്കാം അതുകൊണ്ട് ഞാൻ ഇത് എൽമു പഠിക്കുകയാണ് ഞാൻ ദീൻ പഠിക്കുകയാണ് നിനക്ക് അതിന്റെ പ്രതിഫലമുണ്ട് സുന്നത്തായ വിവാദത്തുകളെക്കാൾ മഹത്തരമായ പ്രതിഫലമുള്ള എന്തിനധികം ചില പണ്ഡിതന്മാർ പറഞ്ഞു രാത്രി നിസ്കാരങ്ങളെക്കാൾ അള്ളാഹുവിംഗിൽ പ്രതിഫലമുള്ള കാര്യമാണ് ദീൻ പഠിക്കുക എന്നത് അപ്പോൾ ദീൻ പഠിക്കുക എന്ന നീയത്ത് നീ കരുതിക്കഴിഞ്ഞാൽ നീ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം രാത്രി നിസ്കാരക്കാൽ രാത്രി നിസ്കാരങ്ങളെക്കാൾ വലുതാണ് അതുപോലെ തന്നെ അലീഹു വസ്സല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നിനക്ക് മനസ്സിൽ വിചാരിക്കാം എന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് എഴുബാതെറ്റാൻ റസൂലിനെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലിഹു വസ്സല്ലം ആരാണ് ഞാൻ മനസ്സിലാക്കണം അതുകൊണ്ട് റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്ന നീയ്യത്ത് നിനക്ക് മനസ്സിൽ വെക്കാം അതുപോലെ തന്നെ നബിസാഹു അലൈഹി വസ്ല്ലമയെ പിൻപറ്റണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയൻ റസൂൽ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം അള്ളാഹുഅഅലെ എത്രയോ ആയത്തുകളിൽ അപ്രകാരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റസൂൽ അള്ളാഹു അലൈഹി വസ്ല്ലം എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലമയെ പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ റസൂലിനെ പിൻപറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിൽ നീയത്തു കരുതാം അതുപോലെ തന്നെ നബിസൊല്ലാഹുഅലി ഹുസലയുടെ സീയറത്തു പഠിക്കുക എന്നത് അവിടുത്തെ ചരിത്രം മനസ്സിലാക്കുക ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളിലൊന്നാൻ ഈമാൻ വർദ്ധിപ്പിക്കാൻ അള്ളാഹുവെ ഞാൻ ഇതായി പഠിക്കുകയാണ് എന്ന് നീ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹു അള്ളാഹു നിന്നെ സഹായിക്കും നിന്റെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും ആ നീയത്ത് നിനക്ക് കരുതാവുന്നതാണ് അതുപോലെ തന്നെ നബിസ്ാഹു അലൈഹു വസല്ലമയുടെ ചരിത്രം ഞാൻ ഞാൻ പഠിക്കുന്നത് പ്രതിസന്ധികളിൽ എനിക്ക് ക്ഷമ കിട്ട കിട്ടുന്നതിനു വേണ്ടിയാണ് അലൈഹി വസ്ല്ലം അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നതുപോലെ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിനക്ക് നിന്റെ ദീനിൽ ഉറപ്പു നൽകും സബാത്ത് നൽകും ഈ നീയത്തുകളൊക്കെ ഇതിനപ്പുറത്ത് ചില പണ്ഡിതന്മാർ നബിസ്വല്ലാഹു അലൈഹു വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിൽ അൻപതിലധികം നീയത്തുകൾ എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും ധാരാളക്കണക്കിന് നീയത്തുകൾ നിന്റെ മനസ്സിൽ നിനക്ക് വെക്കാവുന്നതാണ് ആ നീയത്തുകളുടെയൊക്കെ വിശാലതയനുസരിച്ച് അള്ളാഹു സുഹാനഹുഅാലും പ്രതിഫലം നൽകാതിരിക്കുകയില്ല ശരി സഹോദരങ്ങളെ എന്താണ് നബ്സല്ലാഹു അലൈഹു വസല്ലമ്മയുടെ ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം ധാരാളക്കണക്കിന് ഉപകാരങ്ങൾ റസൂൽ അള്ളാഹി സല്ലാഹു അലഹു സീറ പഠിക്കുന്നതിൽ സീറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രമാണ് ാഹു അലൈഹി വസ്ല്ലം പഠിക്കുന്നതിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇത് സലഫുകളുടെ മാർഗം പിൻപറ്റലാണ് എന്നതാണ് നമ്മൾ റസൂൽ സഹാബത്തിന്റെ താബിഴിങ്ങളുടെ മാർഗം പിൻപറ്റുന്നവരാണ് അവരുടെ മാർഗ്ഗങ്ങളിലൊന്നായിരുന്നു റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നത് അലിബുനുൽ ഹുസൈൻ ിലൊരാളാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അലൈഹി വസ്ല്ലം അവിടുത്തെ യുദ്ധങ്ങൾ അവിടുത്തെ അവിടുത്തെ യുദ്ധ ചരിത്രങ്ങൾ റസൂൽയുടെ ചരിത്രം ഇതൊക്കെ ഞങ്ങൾക്ക് അള്ള ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു ഖുറാനിലെ ഒരു സൂറത്ത് പഠിക്കുന്നത് പോലെ സൂറത്ത് പഠിക്കുന്നത് പോലെ റസൂൽഹുഅലൈ വസ്സല്ലമയുടെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സാദുബ് നബിഅള്ളാഹു അലഹുവിന്റെ മകനായ ഇസ്മാൽ അദ്ദേഹം പറഞ്ഞതായി കാണാം എന്റെ പിതാവ് റസൂൾ ഉള്ളയുടെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹം പറയും മോനെ ഇതാ ഇത് നിന്റെ പിതാക്കന്മാരുടെ ചരിത്രമാണ് നീ അത് പഠിക്കുന്നത് അത് സ്മരിക്കുന്നത് ഒരിക്കലും കളയാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അലൈഹി വസ്ല്ലം അവിടുത്തെ സിറ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നത് റസൂൾ പിൻപറ്റാൻ നമ്മെ സഹായിക്കും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹം അവിടെ നിന്നാണ് നമ്മുടെ ഏറ്റവും വലിയ അളവുകോൽ റസൂണ് നമ്മുടെ അളവുകോൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ല ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത് എന്ത് കാര്യവും അതെങ്ങനെ കണ്ടു അവിടെ നിന്ന് എങ്ങനെ പരിഹരിച്ചു അങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് അലുലു അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു അവിടുത്തെ ചരിത്രം എങ്ങനെയായിരുന്നു അവിടുത്തെ മാതൃക എങ്ങനെയായിരുന്നു ഹക്ക് റസൂൾ ചരിത്രത്തോട് യോജിച്ചത് അതാണ് സത്യം وَمَا خَالَفَهَا فَهُوَ الْبَاطِلِ رسول اللَّهِ يَدَا چَرِتْرَتِنُ وِرُدَّمَ آيَدَ اللَّهَمْ بَاطِلًا هَذُ وَنْدُ شَحُوْدَرَ پَرْتِيَكِ چِي كَالَغَتَّتِلْ إِبْسَلَّ اللَّهَ سَلْمَ اَدَا چَرِتْرَ نَامْ پَدِيْكَ يَنْدَ دُوْمْدُ بِيْغَرَوَادَ تِيورَوَادَ شَنْغَدَ അതിനെ നിസ്സാരപ്പെടുത്തുന്ന ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ദീനിന്റെ സ്വഭാവങ്ങളെ മാറ്റിവെക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം നൽകാത്ത റസൂൾ അള്ളാഹു സുഹാനെ ഏകനാക്കുക എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അത് മറക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഷിർഖ് എന്നത് വ്യത്യസ്ത രൂപങ്ങളിൽ വർദ്ധിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് യാതൊരു ഗൗരവവും ഗണിക്കപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ സുന്നത്ത് പിൻപറ്റുക എന്നത് ഏറ്റവും പ്രയാസമായി മാറിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നബി സല്ലാഹു അലഹു വസല്ലമയും സഹാബികളും സമൂഹത്തിൽ അകറ്റി സത്യത്തിന്റെ ആളുകൾ അകറ്റി ഈ കാലഘട്ടത്തിൽ അനീതിയും അസത്യവും പ്രചരിക്കുന്നതിന് യാതൊരു പ്രയാസവും ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലിഹു വസ്ല്ലം അവിടുന്ന് എങ്ങനെ ജീവിച്ചു എന്നറിയുക എന്നത് അവിടുന്ന് എങ്ങനെയായിരുന്നു പെരുമാറിയത് എന്നറിയുക എന്നത് ഏറ്റവും വലിയ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ല സീറ പഠിക്കുക എന്നതിൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട് അതോടൊപ്പം വസൂഉുള്ളയുടെ സീറ മതപരമായ അനേകം വിധികൾ ഉൾക്കൊള്ളുന്ന വലിയ ചരിത്രമാണ് അതൊരു എൽമിന്റെ സമുദ്രമാണ് ധാരാളം പഠിക്കാനുണ്ട് അതിൽ അതുകൊണ്ട് തന്നെയാണ് ഇമാൻസു അദ്ദേഹം പറഞ്ഞതായി കാണാം സീറു എല്ലാ വിജ്ഞാനവും ഉണ്ട് എന്തൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നബി സല്ലാഹു അലഹി വസ്ല്ലമയുടെ ചരിത്രത്തിലുണ്ട് അതിനു മാത്രം പഠിക്കാനുള്ള പാഠങ്ങൾ റസൂൾ സല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നബിസല്ലാഹു അലൈഹു ചരിത്രം ഖുർആാൻ മനസ്സിലാക്കാൻ സഹായിക്കും അള്ളാഹു അവിടുത്തെ റസൂൽ അവിടുത്തെ ജീവിതം ഖുർആാനിന്റെ വിശദീകരണമായി നിശ്ചയിച്ചതാണ് അല്ലെ റസൂൽ അള്ളഹയുടെ ഭാര്യയോട് ആയിഷാർ അള്ളാഹു അലഹയോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം എന്താ ഖുർആാൻ വസ്ല്ലം അവിടുത്തെ സ്വഭാവം ഖുർആാനായിരുന്നു നിനക്ക് ഖുർആാൻ മനസ്സിലാകണമോ എന്താണ് ഖുർആാനിലെ കൽപ്പനകൾ എന്ന് മനസ്സിലാകണമോ റസൂൾ അലൈഹി വസ്ല്ലമ്മയുടെ ചരിത്രം നീ പഠിച്ചാൽ മാത്രം മതി റസൂൽയുടെ ചരിത്രം ഖുർആാൻ മനസ്സിലാക്കാൻ നിന്നെ സഹായിക്കുന്ന കാര്യമാണ് ഖുർആൻ പഠിക്കുക എന്നതാകട്ടെ ഖുർആൻ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് നബി നബിഹു അലഹി വസ്ല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലയുടെ ചരിത്രം പഠിക്കുക എന്നത് സ്നേഹം വർദ്ധിക്കാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഇത് നാം ഏറ്റവും പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട പാഠം കൂടിയാണ് നബ്സു അള്ളു വസ്ലമിയുടെ ചരിത്രം റസൂൾ ഇഷ്ടം നമ്മളിൽ ഏറ്റവും വർദ്ധിപ്പിക്കും അവിടുത്തോടുള്ള സ്നേഹമെന്നതാകട്ടെ ഏറ്റവും മഹത്തരമായ അബാധത്തുകളിൽ ഒന്നാണ് അല്ല സ്വർഗത്തിലേറ്റവും ഉന്നതമായ പദവികൾ ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിലൊന്നാഹു അലി വസ്സല്ല അടുക്കൽ വന്ന് റസൂലോട് ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക നബിസുഹു നീ എന്താണ് അന്ത്യനാളിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അതിന്റെ ദിവസം എന്താണെന്നാണ് നീ ചോദിക്കുന്നത് ശരി എന്താണ് നീ അന്ത്യനാളിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അയാൾ പറഞ്ഞു ഇല്ല ഞാൻ പ്രത്യേകിച്ചൊന്നും കൂടുതലായി ഒന്നും ചെയ്തിട്ടില്ല ഇല്ലാ റസൂല ഞാൻ അള്ളാഹുനെയും സ്നേഹിക്കുന്നുണ്ട് എന്നതല്ലാതെ എങ്കിൽ കേട്ടുകൊള്ളുക നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നീ ഉണ്ടായിരിക്കുക അദ്ദേഹം പറയുന്നു സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കുമെന്ന് ആ പറഞ്ഞ അന്ന് അന്ന് ഞങ്ങൾ ആ വാക്കുകൊണ്ട് സന്തോഷിച്ചത്ര മറ്റൊരു വാക്കുകൊണ്ടും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ പ്രതീക്ഷിക്കാൻ അവനെ സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണിത് നമ്മുടെ റസൂലിനോടുള്ള സ്നേഹം അതെത്രമാത്രം ശക്തമാകുന്നു അത്രമാത്രം നാം റസൂലിന്റെ അടുക്കലാൻ സല്ലാഹു അലൈഹു വസ്ല്ലം അവിടുത്തെ കൈകൾ പിടിക്കാൻ അവിടത്തോട് ചേർന്നിരിക്കാൻ ആ മുഖം കണ്ണു കാണാൻ ഉള്ള അവസരങ്ങളിലൊന്നാണ് റസൂൾ സ്നേഹിക്കാൻ സാധിക്കുക അതുകൊണ്ട് റസൂൾ ചരിത്രം പഠിച്ച ഒരാളും അവിടുത്തെ സ്നേഹിക്കാതിരിക്കുകയില്ല ആരായിരുന്നു സല്ലാഹു അലൈഹി വസ്ല്ലം എന്നറിഞ്ഞൊരു മനുഷ്യൻ അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയുകയില്ല അത്രമാത്രം സുന്ദരമാണ് ചരിത്രം ഇത് അവിടുത്തെ ശത്രുക്കൾ പോലും അംഗീകരിച്ച കാര്യങ്ങളിൽ ഒന്നാൻസിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു വസല്ലം ഞാൻ അള്ളാഹുനെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അവരോടുള്ള സ്നേഹം കാരണത്താൽ ഞാൻ അവരോടൊപ്പമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് സഹോദര നീ റസൂൾ ഹബീബാവുക അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മൊഹബാവുക ഉന്നതമായ സ്വർഗത്തിൽ നിനക്ക് സ്ഥാനമുണ്ടായിരിക്കും അതിന് നിന്നെ സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് റസൂൾ സല്ലാഹു അലൈഹു വസ്ല്ലമയുടെ സീറ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നത് അതുപോലെ തന്നെ ഒരു ദിലക്ക് ഒരു പ്രബോധകൻ എന്ന നിലക്ക് റസൂൽ അള്ളാഹി സല്ലാഹു അലൈസയുടെ ചരിത്രം നമുക്ക് വളരെ സഹായകമാണ് കാരണം ചരിത്രത്തിൽ അള്ളാഹു സുഹാനയുടെ ഔദാര്യം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം മാറ്റിവച്ചാൽ അള്ളാഹുവിന്റെ കതർ മാറ്റിവെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിമായത് ബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചതുകൊണ്ട് നീ ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നുവോ റസൂൾ ഉള്ളയെ കുറിച്ച് പറഞ്ഞുകൊടുക്കുക സല്ല അല്ലാഹു അതുപോലെ ഒരു മനുഷ്യൻ അതുപോലെ ഒരു മനുഷ്യൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല എല്ലാ നന്മകളും എല്ലാ തിന്മകളിൽ നിന്നും അവിടുന്ന് ഖാദങ്ങൾ അകലെയായിരുന്നു ആ റസൂലിന്റെ ചരിത്രം അത് കേൾക്കുക അത് അള്ളാഹുവിന്റെ അടയാളങ്ങളിലൊന്ന് ആയത്തുകളിലൊന്ന് ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള വലിയ ആയത്തുകളിലൊന്നാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നത് ഇങ്ങനെ പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് ഉപകാരങ്ങൾ ഫോവായിദുകൾ റസൂൾയുടെ ചരിത്രം പഠിക്കുന്നതിന് എടുത്തു കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിലുള്ള ആര് ആരാകട്ടെ ആഴ്ചയിലൊരു ദിവസമെങ്കിലും അതല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹുസലമയുടെ ചരിത്രം വായിക്കുന്ന അത് കേൾപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കണം വാപ്പ വായിച്ചു കൊടുക്കട്ടെ മക്കളത് കേൾക്കണം അതല്ലെങ്കിൽ മക്കൾ വായിക്കട്ടെ മാതാപിതാക്കൾ അത് കേട്ടിരിക്കട്ടെ എത്ര മനോഹരമായ വീടായിരിക്കും അത് യുടെ ചരിത്രം പഠിപ്പിക്കുന്നതിൽ വലിയൊരു ഉപകാരമുണ്ട് ആ ചരിത്രത്തിൽ ഒരു ഭർത്താവ് ഉപാര്യോടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഭാര്യമാരുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കും സാഹു അലിഹു വസ്ല്ലാം ഇങ്ങനെ ബന്ധങ്ങൾ അതിന്റെ ഏതു പരിശോധിച്ചാലും അതിലെല്ലാം ഏറ്റവും മനോഹരമായ ചരിത്രം അവിടെയുണ്ട് അത് സ്ഥിരമായി വായിക്കുന്ന വീടുകൾ എങ്ങനെയാണ് അവിടെ ഒരു വാപ്പക്ക് ക്രൂരനാകാൻ സാധിക്കുക അയാൾക്ക് മക്കളുടെ അവകാശങ്ങളെ ഹനിക്കാൻ കഴിയുക എങ്ങനെയാണ് അവിടെ ഒരു മകന് പിതാവിനെ ധിഖരിക്കാൻ കഴിയുക എങ്ങനെയാണ് അവിടെ ഒരു ഭാര്യ ഭർത്താവിനെ ധിഖരിക്കുന്നവളാവുക എങ്ങനെയാണ് ആ വീട്ടിൽ തവഹീദ് നിസ്സാരമായ കാര്യമാവുക എങ്ങനെയാണ് ആ വീട്ടിൽ ഇസ്ലാമികമായ അദവുകൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു സമയമെങ്കിലും പ്രത്യേകിച്ച് സുഭനുശേഷമുള്ള സമയം അലൈഹി വസ്ല്ലാം അവിടുത്തെ ഭാര്യമാരുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന സമയമാണത് സുഭനു ശേഷമുള്ള സമയം ആ സമയം ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കാനോ കേൾക്കാനോ മാറ്റിവെക്കുന്ന സമയമാക്കുക കുടുംബം കൂടിയിരിക്കുന്ന ചേർന്നിരിക്കുന്ന പരസ്പരം നല്ല ചില കാര്യങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ ഒന്നായി അത് മാറ്റുക ഒന്നത രണ്ടാമത്തെ കാര്യം റസൂൾഹി സല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആർക്കും വായിക്കാവുന്ന രൂപത്തിൽ മക്കൾക്ക് സമ്മാനമായി നമുക്കത് നൽകാവുന്ന കാര്യമാണ് ഭാര്യയ്ക്ക് സമ്മാനമായി നൽകാവുന്ന കാര്യമാണ് ഭർത്താവിന് ഗിഫ്റ്റായി കൊടുക്കാവുന്ന കാര്യമാണ് ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ സല്ലാഹു അലഹി ഹുസല്ലമ്മയുടെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കാൻ നാം ശ്രദ്ധിക്കണം ഇങ്ങനെയെല്ലാം നബിസാഹു വല്ലമയുടെ ചരിത്രം പഠിക്കാനുള്ള വഴികൾ നാം ഉണ്ടാക്കേണ്ടതുണ്ട് ശരി അള്ളാഹുഅലൈ വസ്ല്ലം അവിടുത്തെ ചരിത്രം പഠിക്കുന്നതിനു മുൻപ് അള്ളാഹുന്റെ റസൂർ സാഹുഅലിസല്ലം ജനിച്ച മക്കയെക്കുറിച്ച് ജാഹ്ലീയ കാലഘട്ടം എന്ന് ചരിത്രം പേരിട്ടു വിളിച്ച ഒരു കാലഘട്ടം അത് എന്താണ് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ് കാരണം ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവുക ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് എത്ര കടുത്ത ഒരു സമൂഹത്തെയാണ് നബ്സല്ലാഹു അലൈഹി വസ്ല്ലം മാറ്റിയെടുത്തത് എന്ന കാര്യം നമുക്ക് പഠിക്കാൻ കഴിയുക ആ ഒരു കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് അനേകം പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ എങ്ങനെ നിലകൊള്ളണം എന്ന പാഠം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ജാഹ്ലിയ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ന് ക്രിസ്താബ്തമെന്ന ആളുകൾ പറയുന്ന വർഷം സൂര്യവർഷം അതിൽ ഏതാണ്ട് അറുന്നൂറാമത്തെ വർഷം ആ കാലഘട്ടം അതിന്റെ തുടക്കം ആ സന്ദർഭമാണ് ജാഹ്ലിയ കാലഘട്ടം എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആറാം നൂറ്റാണ്ടു മുതലുള്ള കാലഘട്ടമാണ് ജാഹ്ലിയ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ ഏറ്റവും ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും അനീതി നിറഞ്ഞു നിൽക്കുന്ന ലോകചരിത്രത്തിലേറ്റവും മോശം സമൂഹം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം ഏറ്റവും മോശം സമൂഹം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അതിനുമാത്രം തിന്മകൾ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത് ഏത് ഭാഗങ്ങൾ നിങ്ങൾ എടുത്താലും അതിലെല്ലാം ഏറ്റവും വൃത്തികെട്ട പുഴുക്കത്ത് സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നതായി കാണാം അതിലൊന്നാമത്തെ കാര്യം അവരുടെ ദീനന്റെ കാര്യമാണ് അറബികൾ പ്രത്യേകിച്ച് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് ഇബ്രാഹിം നബി അലിസ്സലാത്തു വസ്സലാം ഹാജറിനെ അവിടെ ഹാജറിനെയും ഇസ്മാലിനെയും അവിടെ നിർത്തിപ്പോകുന്നതോടുകൂടിയാണ് അന്നു മുതലാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചരിത്രകാരന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാം ഹാജറിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു ഹാജറും ഇസ്മായിലും അലിഹിം മുസ്വലാത്തു വസ്സലാം ജംസം വെള്ളത്തിന്റെ അരികിലായിരുന്നു അവരുടെ താമസം ഉണ്ടായിരുന്നത് ആ ഇടക്ക് ചില ആളുകൾ അവിടെ കൂടി കടന്നു പോകുന്ന ഹാജറിനോട് അവരോടൊപ്പം അവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചു അങ്ങനെയാണ് മക്കയിൽ ഒരു സമൂഹം ജീവിതം ആരംഭിക്കുന്നത് മക്കാരുടെ ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെയാണ് ഹാജർ അലിഹിസ്വലാത്തു വസ്സലാം അവരോട് ചുറ്റിപ്പറ്റി ജംസം വെള്ളത്തോട് ചുറ്റിപ്പറ്റിയാണ് മക്കയിലെ ജനവാസം ആരംഭിക്കുന്നത് പിന്നീട് ഇബ്രാഹിം നബി അലിഹിസലാത്തു സലാം ഹാജറിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നു ഇബ്രാഹീമിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം തവഹൈദ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച നബിമാരിൽ ഒരു നബിയായിരുന്നു അദ്ദേഹം വേണ്ടി മില്ല ഇബ്രാഹിം എന്ന അള്ളാഹു സുഹാന എടുത്തു പറയാവുന്നിടത്തോളം വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊണ്ട നബിമാരിൽ ഒരു നബിയാണ് അബ്രാഹിം നബി അലിഹിത്തു സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലശേഷം ആ സമൂഹം ത്വഹീദിൽ നിലകൊണ്ടിരുന്നു എന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ് എന്നാൽ പിൽക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം റസാഹു അലി വസല്ലം അവിടുന്ന് വരുന്നതിന് ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അറബികളുടെ കൂട്ടത്തിൽ ഹുസാൻ അഗോത്രം അവരുടെ നേതാവായിരുന്നു അമർ ആമർ അബ്നുൽഹൽ ഹുസഇ എന്ന പേരിൽ അറിയപ്പെട്ടയാൾ ഹുസ അഗോത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഹുസ അഗോത്രക്കാരാണ് കാബയെ പരിഗണിച്ചിരുന്നത് കാബയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഹുസ അഗോത്രക്കാരാണ്